അള്ളാഹു സുബഹാനഹുവചായ പറഞ്ഞു സത്യസന്ധരായവർക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിവസമാണിത് അവർക്ക് താഴെയായി അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട് അവിടെ അവർ എന്നെയ്ക്കുമായി വസിക്കും അള്ളാഹു സുബഹാനഹുവചാല അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടു അവരും അവനെക്കുറിച്ച് തൃപ്തിപ്പെട്ടു ഇതാണ് മഹത്തായ വിജയം